ധ്യായം പതിനാറ് യഹോവയുടെ എല്ലപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര നീ എരുശിലെമിനോട് അതിന്റെ മ്ലേക്ഷതകളെ അറിയിച്ച് പറയേണ്ടത് യഹോവയായ കർത്താവ് എരുശിലെമിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു നിന്റെ ഉൽപ്പത്തിയും നിന്റെ ജനനവും കനാൻ ദേശത്താകുന്നു നിന്റെ അപ്പൻ അമ്മൂരിനും അമ്മ തിത്യസ്ത്രീയുമത്രേ നിന്റെ ജനന വസ്തുതയോ ജനിച്ച നാളിൽ നിന്റെ പൊക്കിൽ മുറിച്ചില്ല നിന്നെ വെള്ളത്തിൽ കുളിപ്പിച്ച് വെടിപ്പാക്കിയില്ല ഉപ്പു തേച്ചില്ല തുണി ചുറ്റിയതുമില്ല നിന്നോട് മനസ്സലിവ് തോന്നിയിട്ട് ഇവയിലൊന്നെങ്കിലും നിനക്ക് ചെയ്തു തരുവാൻ ഒരു കണ്ണിനും നിന്നോട് കനിവുണ്ടായില്ല നീ ജനിച്ച നാളിൽ തന്നെ അവർക്ക് നിന്നോട് വെറുപ്പ് തോന്നിയതുകൊണ്ട് നിന്നെ വെളിംപ്രദേശത്ത് ഇട്ടുകളഞ്ഞു എന്നാൽ ഞാൻ നിന്റെ സമീപത്തുകൂടി കടന്നുപോകുമ്പോൾ നീ രക്തത്തിൽ കിടന്നുരുളുന്നത് കണ്ട് നിന്നോട് നീ രക്തത്തിൽ കിടക്കുന്നു എങ്കിലും ജീവിക്കാ എന്ന് അതെ നീ രക്തത്തിൽ കിടക്കുന്നുവെങ്കിലും ജീവിക്കാ ഞാൻ നിന്നോട് കൽപ്പിച്ചു വയലിലെ സസ്യം പോലെ ഞാൻ നിന്നെ പെരുകുമാറാക്കി നീ വളർന്ന് വലിയവളായി അതിസൗന്ദര്യം പ്രാപിച്ചു നിനക്ക് ഉന്നതസ്ഥനവും ദീർഘകേശവുമുണ്ടായി എങ്കിലും നീ നഗ്നയും അനാവൃതയും ആയിരുന്നു ഞാൻ നിന്റെ അരികെ കടന്ന് നിന്നെ നോക്കിയപ്പോൾ നിനക്ക് പ്രേമത്തിന്റെ സമയമായി എന്ന് കണ്ടിട്ട് എന്റെ വസ്ത്രം നിന്റെ മേൽ വിരിച്ച് നിന്റെ നത്നത മറച്ചു ഞാൻ നിന്നോട് സത്യവും നിയമവും ചെയ്തു നീ എനിക്കുള്ളവൾ ആയി തീർന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് പിന്നെ ഞാൻ നിന്നെ വെള്ളത്തിൽ കുളിപ്പിച്ച് രക്തം കഴുകിക്കളഞ്ഞ് എണ്ണ പൂശി ഞാൻ നിന്നെ വിചിത്ര വസ്ത്രം ധരിപ്പിച്ചു തഹശ് തോൽ കൊണ്ടുള്ള ചെരുപ്പിടുവിച്ചു ക്ഷണപടം കൊണ്ട് ചുറ്റി പട്ട് പുതപ്പിച്ചു ഞാൻ നിന്നെ ആഭരണമണിയിച്ച് നിന്റെ കൈക്ക് വളയും കഴുത്തിൽ മാലയും ഇട്ടു ഞാൻ നിന്റെ മൂക്കിന് മുക്കുത്തിയും കാതിൽ കുണുക്കും ഇട്ടു തലയിൽ ഭംഗിയുള്ള ഒരു കിരീടവും വെച്ചു ഇങ്ങനെ നീ പൊന്നും വെള്ളിയും അണിഞ്ഞു നിന്റെ ഉടുപ്പ് ക്ഷണപടവും പട്ടും വിചിത്ര ആയിരുന്നു നീ നേരിയമാവും പേനും എണ്ണയും ഉപജീവിച്ച് ഏറ്റവും സൌന്ദര്യമുള്ളവളായി തീർന്നു നിനക്ക് രാജത്വവും സിദ്ധിച്ചു ഞാൻ നിന്നെ അണിയിച്ച അലങ്കാരം കൊണ്ടും നിന്റെ സൌന്ദര്യം പരിപൂർണമായതിനാൽ നിന്റെ കീർത്തി ജാതികളിൽ പരന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് എന്നാൽ നീ നിന്റെ സൌന്ദര്യത്തിൽ ആശ്രയിച്ചു നിന്റെ കീർത്തിഹേതുവായി പരസംഗം ചെയ്തു വഴി പോകുന്ന ഏവന്റെ മേലും നിന്റെ പരസംഗം ചെലവഴിച്ചു അത് അവനുള്ളതായിരുന്നു നിന്റെ വസ്ത്രങ്ങളിൽ ചിലത് നീയെടുത്ത് പല നിറത്തിൽ പൂജാഗിരികളെ തീർത്തലങ്കരിച്ച് അവയുടെ മേൽ പരസംഗം ചെയ്തു ഈ സംഭവിച്ചിട്ടില്ല സംഭവിക്കുകയുമില്ല ഞാൻ നിനക്ക് തന്ന പൊന്നും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങളെ നീയെടുത്തു പുരുഷരൂപങ്ങളെ ഉണ്ടാക്കി അവയോട് പരസംഗം ചെയ്തു നിന്റെ വിചിത്ര വസ്ത്രങ്ങളെ നീയെടുത്ത് അവയെ പുതപ്പിച്ചു എന്റെ എണ്ണയും കുന്തിരിക്കവും അവയുടെ മുമ്പിൽ വെച്ചു ഞാൻ നിനക്ക് തന്ന ആഹാരമായി നിന്റെ പോഷണത്തിനുള്ള നേരിയ മാവും എണ്ണയും തേനും നീ അവയുടെ മുമ്പിൽ സൗരഭ്യവാസനയായി നിവേദിച്ചു കാര്യം ഇങ്ങനെയായി എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് നീ എനിക്ക് പ്രസവിച്ച നിന്റെ പുത്രന്മാരെയും പുത്രിമാരെയും നീയെടുത്ത് അവയ്ക്ക് ഭോജനബലിയായി അർപ്പിച്ചു നിന്റെ പരസംഗം പോരാഞ്ഞിട്ടോ നീ എന്റെ മക്കളെ അറുത്ത് അഗ്നിപ്രവേശം ചെയ്യിച്ച് അവയ്ക്ക് ഏൽപ്പിച്ചുകൊടുത്തത് എന്നാൽ നിന്റെ സകല മ്ലേച്ഛതകളിലും പരസംഗങ്ങളിലും നീ മുമ്പെ നഗ്നയും അനാവൃതയുമായി രക്തത്തിൽ കിടന്നുവരണ്ട നിന്റെ യൗവനകാലം ഓർത്തില്ല നിന്റെ ദുഷ്ടതയൊക്കെയും പ്രവർത്തിച്ച ശേഷമോ നിനക്ക് കഷ്ടം കഷ്ടം എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് നീ ഒരു കമാനം പണിത് സകലവീഥിയിലും ഓരോ പൂജാഗിരി എല്ലാ വഴിത്തലയ്ക്കിലും പൂജാഗിരി പണിത് നീ നിന്റെ സൗന്ദര്യത്തെ വഷളാക്കി വഴിപോകുന്ന നിന്റെ കാലുകളെ അകത്തി നിന്റെ പരസംഗം വർദ്ധിപ്പിച്ചു മാംസപുഷ്ടിയുള്ള മിശ്രൈമ്യരായ നിന്റെ അയൽക്കാരോടും നി പരസംഗം ചെയ്ത് എന്നെ കോപിപ്പിക്കേണ്ടതിന് നിന്റെ പരസംഗം വർദ്ധിപ്പിച്ചു അതുകൊണ്ട് ഞാൻ നിന്റെ നേരെ കൈനീട്ടി നിന്റെ നിത്യച്ചെലവ് കുറച്ച് നിന്നെ ദേഷ്യയും നിന്റെ ദുർമാർഗത്തെക്കുറിച്ച് ലജ്ജിക്കുകയും ചെയ്യുന്ന ഫെലിസ്തി പുത്രിമാരുടെ ഇഷ്ടത്തിന് നിന്നെ ഏൽപ്പിച്ചു മതിവരാത്തവളാകയാൽ നീ അശൂര്യരോടും ം ചെയ്തു അവരുമായി പരസംഗം ചെയ്തിട്ടും നിനക്ക് തൃപ്തി വന്നില്ല നീ കനൻ ദേശത്തും കൽതയദേശം വരെയും നിന്റെ പരസംഗം വർദ്ധിപ്പിച്ചു എന്നിട്ടും അതിനാലും നിനക്ക് തൃപ്തി വന്നില്ല നാണംകെട്ട വേശിയുടെ പ്രവൃത്തിയായിരിക്കുന്ന ഇതൊക്കെയും ചെയ്തതിൽ നീ എല്ലാ വഴിത്തലയ്ക്കിലും കമാനം പണുതു സകല വീഥിയിലും പൂജാഗിരി നിന്റെ ഹൃദയം എത്ര മാരമാൽ പൂണ്ടിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് നീ കൂലി നിരസിക്കുന്നതുകൊണ്ട് വേശ്യയെപ്പോലെയല്ല ഭർത്താവിന് പകരം അന്യന്മാരെ പരിഗ്രഹിച്ച് വ്യഭിചാരം ചെയ്യുന്ന സ്ത്രീയെ സകല വേശ്യാസ്ത്രീകളും സമ്മാനം വാങ്ങുന്നു നീയോ നിന്റെ സകല ജാരന്മാർക്കും സമ്മാനം നൽകി നീയുമായി പരസംഗം ചെയ്യേണ്ടതിന് നാലു പുറത്തുനിന്നും നിന്റെ അടുക്കൽ വരുവാൻ അവർക്ക് കൈക്കൂലി കൊടുക്കുകയും ചെയ്യുന്നു നിന്റെ പരസംഗത്തിൽ നിനക്ക് മറ്റു സ്ത്രീകളുമായി ഒരു വൈപരീത്യം ഉണ്ട് നിന്റെ അടുക്കൽ പരസംഗത്തിന് ആരും വരുന്നില്ല നീ സമ്മാനം വാങ്ങുകയല്ല സമ്മാനം കൊടുക്കുകയത്ര ചെയ്യുന്നത് അതിലാകുന്നു വൈപരീത്യം ഉള്ളത് ആകയാൽ വേശ്യാസ്ത്രീയെ യഹോവയുടെ വചനം കേൾക്ക യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു മാരുമായുള്ള നിന്റെ പരസംഗങ്ങളാ നിന്റെ പണം ചെലവഴിക്കുകയും നിന്റെ നഗ്നത അനാവൃതമാകുകയും ചെയ്യുക നിന്റെ സകല മ്ലേച്ഛവിഗ്രഹങ്ങളും നിമിത്തവും നീ അവയ്ക്കുകൊടുത്ത നിന്റെ മക്കളുടെ രക്തം നിമിത്തവും നീ രമിച്ച നിന്റെ സകല ജാരന്മാരെയും നീ സ്നേഹിച്ച ഏവരെയും നീ പകച്ച ഏവരെയും ഞാൻ കൂട്ടിവരുത്തും ഞാൻ അവരെ നിനക്ക് വിരോധമായി ചുറ്റും കൂട്ടിവരുത്തി അവർ നിന്റെ നഗ്നതയൊക്കെയും കാണത്തക്കവണ്ണം നിന്റെ നഗ്നത അവരുടെ മുമ്പിൽ അനാവൃതമാക്കും വ്യഭിചരിക്കുകയും രക്തം ചിന്നുകയും ചെയ്യുന്ന സ്ത്രീകളെ വിധിക്കുന്നതുപോലെ ഞാൻ നിന്നെ ന്യായം വിധിച്ച് ക്രോധത്തിന്റെയും ജാരശങ്കയുടെയും രക്തം നിന്റെ മേൽ ചൊരി ഞാൻ നിന്നെ അവരുടെ കൈയ്യിൽ ഏൽപ്പിക്കും അവർ നിന്റെ കമാനം പൊളിച്ച് നിന്റെ പൂജാഗിരികളെ ഇടിച്ചുകളയും അവർ നിന്റെ വസ്ത്രമഴിച്ച് ആഭരണങ്ങളെ എടുത്ത് നിന്നെ നന്മയും അനാവൃതയും ആക്കിവിടും അവർ നിനക്കുവിരോധമായി ഒരു സഭയെ കൂട്ടിവരുത്തി നിന്നെ കല്ലെറിഞ്ഞ് വാൾകൊണ്ട് വെട്ടിക്കളയും അവർ നിന്റെ വീടുകളെ തീവച്ച് ചുട്ടുകളയും അനേകം സ്ത്രീകൾ കാണുക നിന്റെ മേൽ ന്യായവിധി നടത്തും നിന്റെ പരസംഗം ഞാൻ നിർത്തലാക്കും നീ ഇനി ആർക്കും കൂലി കൊടുക്കയില്ല ഇങ്ങനെ ഞാൻ എന്റെ ക്രോധം നിന്നിൽ നിവർത്തിച്ചിട്ട് എന്റെ തീഷ്ണത നിന്നെ വിട്ടുമാറും പിന്നെ ഞാൻ കോപിക്കാതെ അടങ്ങിയിരിക്കും നീ നിന്റെ യൌവനക്കാലം ഓർക്കാതെ ഇവയാലൊക്കെയും എന്നെ കോപിപ്പിച്ചതുകൊണ്ട് ഞാനും നിന്റെ നടപ്പിന് തക്കവണ്ണം നിനക്ക് പകരം ചെയ്യുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് നിന്റെ സകല മ്ലേച്ഛതകൾക്കും പുറമെ നീ ഈ ദുഷ്കർമ്മവും ചെയ്തിട്ടില്ലയോ പഴഞ്ചൊല്ലു പറയുന്നവനൊക്കെയും യഥാമാതാ തഥാപുത്രി എന്നുള്ള പഴഞ്ചൊല് നിന്നെക്കുറിച്ച് പറയും നീ ഭർത്താവിനെയും മക്കളെയും വെറുക്കുന്ന അമ്മയുടെ മകളും ഭർത്താക്കന്മാരെയും മക്കളെയും വെറുത്തിരിക്കുന്ന സഹോദരിമാർക്ക് നീ സഹോദരിയുമാകുന്നു നിങ്ങളുടെ അമ്മ കിത്യസ്ത്രീയും അപ്പൻ ആ മൂര്യനുമത്രേ നിന്റെ ജ്യേഷ്ഠത്തി നിന്റെ ഇടത്തുഭാഗത്ത് തന്റെ പുത്രിമാരുമായി പാർക്കുന്ന ശമരിയ നിന്റെ അനുജത്തി നിന്റെ വലത്തുഭാഗത്ത് തന്റെ പുത്രിമാരുമായി പാർക്കുന്ന സോതോ നീ അവരുടെ വഴികളിൽ നടന്നില്ല അവരുടെ മ്ളേച്ഛതകൾ പോലെ ചെയ്തില്ല അത് പോര എന്നുവെച്ച് നീ നിന്റെ എല്ലാ വഴികളിലും അവരെക്കാളധികം വഷളത്വം പ്രവർത്തിച്ചു എന്നാണ് നീയും നിന്റെ പുത്രിമാരും ചെയ്തിരിക്കുന്നത് നിന്റെ സഹോദരിയായ സോദോമും അവളുടെ പുത്രിമാരും ചെയ്തിട്ടില്ല എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് നിന്റെ സഹോദരിയായ സോതോമിന്റെ അകൃത്യമോ ഗർവവും തീൻപുളപ്പും നിർഭയസ്വൈരവും അവൾക്കും അവളുടെ പുത്രിമാർക്കും ഉണ്ടായിരുന്നു എളിയവനെയും ദരിദ്രനെയും അവൾ സഹായിച്ചതുമില്ല അവർ അഹങ്കാരികളായി എന്റെ മുമ്പിൽ മിളച്ചത് ചെയ്തു അതുകൊണ്ട് എനിക്ക് ബോധിച്ചതുപോലെ ഞാൻ അവരെ നീക്കിക്കളഞ്ഞു ശമരിയും നിന്റെ പാപങ്ങളിൽ പാതിയോളം ചെയ്തിട്ടില്ല നീ അവരെക്കാൾ നിന്റെ മ്ലേക്ഷതകളെ വർദ്ധിപ്പിച്ചു നീ ചെയ്തിരിക്കുന്ന സകല മിളേക്ഷതകളാലും നിന്റെ സഹോദരിമാരെ നീതികരിച്ചിരിക്കുന്നു സഹോദരിമാരെ ന്യായം വിധിച്ചിരിക്കുന്ന നീയും നിന്റെ ലജ്ജ വഹിക്ക നീ അവരെക്കാൾ അധികം മ്ലേക്ഷതയായി പ്രവർത്തിച്ചിരിക്കുന്ന നിന്റെ പാപങ്ങളാൽ അവർ നിന്നെക്കാൾ നീതിയുള്ളവരല്ലോ അതെ നീ നിന്റെ സഹോദരിമാരെ നീതീകരിച്ചതിൽ നാണിച്ച് നിന്റെ ലജ്ജ വഹിച്ചു കൊള്ളുക നീ അവർക്ക് അശ്വാസമായി നിന്റെ ലജ്ജ വഹിക്കേണ്ടതിനും നീ ചെയ്തിട്ടുള്ള എല്ലാവറ്റേയും കുറിച്ച് ലജ്ജിക്കേണ്ടതിനും ഞാൻ സോതോമിന്റെയും അവളുടെ പുത്രിമാരുടെയും സ്ഥിതിയും ശമരിയുടെയും അവളുടെ പുത്രിമാരുടെയും സ്ഥിതിയും അവരുടെ നടുവിലുള്ള നിന്റെ പ്രവാസികളുടെ സ്ഥിതിയും മാറ്റും നിന്റെ സഹോദരിയായ സ്വതോമും അവളുടെ പുത്രിമാരും തങ്ങളുടെ പൂർവ്വാവസ്ഥയിലേക്ക് മടങ്ങിവരും ശമരിയേയും അവളുടെ പുത്രിമാരും തങ്ങളുടെ പൂർവാവസ്ഥയിലേക്ക് മടങ്ങിവരും നീയും നിന്റെ പുത്രിമാരും നിങ്ങളുടെ പൂർവാവസ്ഥയിലേക്ക് മടങ്ങിവരും അരാമിന്റെ പുത്രിമാരും അവളുടെ ചുറ്റുമുള്ളവരൊക്കെയും നിന്റെ ചുറ്റും നിന്ന് നിന്നെ നിന്ദിക്കുന്ന ഫെലിസ്തീയ പുത്രിമാരും നിന്നെ നിന്നിച്ച കാലത്തെന്ന പോലെ നിന്റെ ദുഷ്ടത വെളിപ്പെടുത്തുന്നതിനു മുമ്പേ നിന്റെ ഗർവത്തിന്റെ നാളിൽ നിന്റെ സഹോദരിയായ സോതോമിന്റെ പേര് പോലും നീ ഉച്ചരിച്ചിട്ടില്ല നിന്റെ ദുഷ്കർമ്മവും നിന്റെ മ്ലേച്ഛതകളും നീ വഹിക്കുന്നുവെന്ന് യഹോവിയുടെ അരുളപ്പാട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു നിയമം ലംഘിച്ച് സത്യം തുച്ഛീകരിക്കുന്ന നീ ചെയ്തതുപോലെ ഞാൻ നിന്നോടും ചെയ്യും എങ്കിലും നിന്റെ യൌവനകാലത്ത് നിന്നോടുള്ള എന്റെ നിയമം ഞാൻ ഓർത്ത് ഒരു നിയമം നിന്നോട് ചെയ്യും നിന്റെ ജ്യേഷ്ഠത്തിമാരും അനുജത്തിമാരുമായ സഹോദരിമാരെ നീ കൈക്കൊള്ളുമ്പോൾ അന്ന് നീ നിന്റെ വഴികളെ ഓർത്ത് നാണിക്കും ഞാനവരെ നിനക്ക് പുത്രിമാരായി തരും നിന്റെ നിയമപ്രകാരമല്ല നീ ചെയ്തതൊക്കെയും ഞാൻ നിന്നോട് ക്ഷമിക്കുമ്പോൾ നീ ഓർത്ത് ലജ്ജിച്ച് നാണം നിമിത്തം ഇനി ഒരിക്കലും വായി തുറക്കാതിരിക്കേണ്ടതിന് ഞാൻ നിന്നോട് എന്റെ നിയമം ചെയ്യും ഞാൻ യഹോവയെന്ന് നീ അറിയും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്